ഗുരുപരമ്പര സ്മരിച്ചുകൊണ്ടിരുന്ന സത്വശം ഗുരുപക്ഷ അധ്യായം നാല് പാദ മൂന്ന് അധികരണം അഞ്ച് ദശ പതിനാല് പ്രതിപത്യഭിസന്ധി ഇവിടെ ബ്രഹ്മപ്രാപ്തിയെ കുറിച്ചാണ് അപ്പോ ആദ്യ സിദ്ധാന്തം പറഞ്ഞു കരിം ബാദരി രസിക ബാദരിയെന്ന ആചാര്യൻ ആദ്യം തന്നെ സിദ്ധാന്തം നോക്കുമ്പോൾ പറഞ്ഞു സാധാരണ പൂർവ്വപക്ഷണാദ്യം ഈ അധികണത്തിൽ സിദ്ധാന്തം ആദ്യം പറഞ്ഞുപാസകൻ പ്രാപിക്കുന്നത് കരി ബ്രഹ്മത്തെയാണ് നിർഗുണം ബ്രഹ്മത്തെ അല്ല പിന്നെ പൂർവക്ഷം ജൈമിനിയുടെ അഭിപ്രായം അതല്ല ജൈമിനി പറയുന്ന എന്താണ് അത് മുഖ്യ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു അതിനുള്ള യുക്തികളും പറഞ്ഞു ഇനി ഇവിടെ സിദ്ധാന്തത്തെ വിശദീകരിക്കുന്ന ഭാഗമാണ് ഇത് നിഷ്കളം നിഷ്കം ശാന്തം നിരവധിം നിരഞ്ജനംബാഹ്യഭ്യന്തരോജമോമൃഭയോത്മായാദൃതിമൃതിന് ശേഷ പരമാത്മനി കല്പയെ അവയവ ഭൂപ്രദേശവയോവസ്ഥാന ഗാന്ധവ്യത ഗാന്ധവ്യത നമ്മൾ പറയുന്നത് ചർച്ച ചെയ്താണ് പരമാത്മാ പോലെ ദേശം കാലം അവസ്ഥ ഇതൊന്നും കൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിനെയൊക്കെ ആശ്രയിച്ചുള്ള പ്രാപ്തി അവിടെ സംഭവിക്കത്തില്ല പരബ്രഹ്മ ഉപാസകൻ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് കാര്യബ്രഹ്മത്തെയാണ് കാരണം നേരത്തെ പറഞ്ഞു ദേശാന്തര വിശിഷ്ടം ഇവിടെ നിൽക്കുന്ന വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നു അതൊരു പ്രാപ്തിയാണ് അതുപോലെ ഈ ലോകത്തിലിരിക്കുന്ന ഉപാസകൻ വേറൊരു ലോകത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അത് അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞു എന്താണ് ബ്രഹ്മവും സർവശക്തി സർവശക്തി യുക്തമായിരിക്കുന്ന ബ്രഹ്മത്തിലെന്താ സാധിക്കാത്ത ബ്രഹ്മ സർവശക്തി യുക്തനാണ് അപ്പം ബ്രഹ്മത്തെ എന്തുകൊണ്ട് പ്രാപിച്ചോളൂ ഇതൊക്കെ ചർച്ച ചെയ്താണ് അപ്പോൾ അതൊന്നും ഇല്ല ബ്രഹ്മത്തെ ആരും പ്രാപിക്കുന്നില്ല ജ്ഞാനിയോ ഉപാസകനോ മറ്റാരെങ്കിലുമോ ഒന്നും പ്രാപിക്കുന്നില്ലത്യസിദ്ധമാണ് വിശദമായ ചർച്ചയാണ് അവിടെ ചർച്ച ചെയ്തപ്പോഴാണ് സന്യാസത്തിലേക്ക് പോയത് ഭൂവയസ്തു പ്രദേശ അവസ്ഥാദി വിശേഷയുഗാത്യ ദേശകാല വിശിഷ്ട ഗന്ധവീത ആ ഇവിടെ നിൽക്കുന്ന ഒരാള് വേറെ സ്ഥലത്ത് എത്തിച്ചേരുന്നു അതാണ് ഭൂമിയിൽ സംഭവിക്കുന്ന പ്രാപ്തി ദേശത്തെ ആശ്രയിച്ചിട്ടാണ് ബ്രഹ്മത്തിന് ദേശമില്ല ഒരു സ്ഥലം അങ്ങനെ പ്രാപിക്കാൻ ബ്രഹ്മത്തിൽ പ്രാപിക്കാൻ കഴിയത്തില്ല പിന്നെ അവസ്ഥ ബാല്യത്തിൽ നിന്ന് യൗവനം വാർദ്ധക്യം എല്ലാം പ്രാപിക്കുന്നു അതുപോലെ ബ്രഹ്മത്തിന് അവസ്ഥയില്ല പ്രാപിക്കാൻ കഴിയത്തില്ല ഇതൊക്കെ ദേശകാലങ്ങളെ ആശ്രയിച്ചിട്ടാണ് ബ്രഹ്മം ദേശകാലങ്ങളെയൊന്നും ആശ്രയിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മപ്രാപ്തി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ആ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് എന്താണോ അതും ചർച്ച ചെയ്ത് ഇത്രയർത്ഥം നിത്യപ്രാപ്തം അപ്രാപ്തപ്രാപ്തമല്ല പിന്നെന്താണോ നമ്മളെപ്പോഴും അതുകൊണ്ടാണ് ഭാഷകാരൻ വേറെടുത്ത് പറയും ബന്ധമുക്തയോർ വിശേഷവും ബന്ധനം മുക്തനും എന്ന് പറയുന്നതിൽ വിശേഷമൊന്നുമില്ല എന്നുവെച്ചാൽ ബന്ധനും മുക്തനും ഒരേ ആത്മാവ് തന്നെ പിന്നെ ആത്മ തത്വത്തിൽ ബന്ധനമെന്നും മുക്തനെന്നുമുള്ള വിശേഷമൊന്നും ഇല്ല പിന്നെ നമ്മുടെ കൽപ്പനകൾ കൊണ്ട് വിശേഷങ്ങളെ കൽപ്പിക്കുകയാണ് ഞാൻ ഞാൻ ബന്ധനത്തിലാവപ്പെട്ടിരിക്കുകയാണ് ഗുരുമുക്തനായിരിക്കുന്നു വാസ്തവത്തിൽ ഞാനും എന്താണോ നിത്യമുക്തനാണ് പിന്നെ ഇങ്ങനെ ബന്ധൻ ഇതൊക്കെ നമ്മുടെ കൽപ്പനകളെ ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ട് ദേശകാല വിഷ്ട പ്രാപ്തിയൊന്നും ബ്രഹ്മത്തിലല്ല തത്വത്തിലല്ല പരമാർത്ഥത്തിലല്ല അതാണ് ഇവിടെ ചോദിക്കുന്നത് ജഗതുത്പത്തി സ്ഥിതി പ്രളയഹേതുത്വശ്രുതേ അനേക ശക്തിത്വം ഭ്രമണീരിച വിശേഷം നിരാകരണ സ്വീ ശ്രുതീനാം അനന്യാർത്ഥത്വ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പഴയ ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ തുടക്കത്തിൽ ജന്മാന്തസ് എവിടത്ത് അവിടെ തന്നെ പറഞ്ഞു എന്താണോ ഈ പരമാത്മാവെന്ന് പറയുന്നത് അനേക ശക്തി അനേക ഗുണങ്ങൾ കൂടിയതാണെന്ന് അവിടെ പറഞ്ഞു അനേക ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാം അംഗീകരിക്കേണ്ടി വരും എന്താണോ ഒരു ഈശ്വരൻ സർവജ്ഞനാണ് സർവശക്തിയുക്തനാണ് ജഗത്കർത്താവാണ് കാരുണ്യമാനാണ് നീതിമാനാണ് ഇങ്ങനെയല്ല ഉള്ള ഒരു ഈശ്വരൻ അപ്പം അവിടെ അത് അംഗീകരിച്ചു പോഷിക ആദ്യം അംഗീകരിച്ചിട്ടാണ് ചർച്ച തുടങ്ങുന്നത് പക്ഷെ അടുത്ത് സൂത്രത്തിലേക്ക് വന്നപ്പോൾ അതിനങ്ങ് നിഷേധിക്കുകയും ചെയ്തു നാലാമത്തെ സൂത്രത്തിൽ തന്നെ അങ്ങനെ നിഷേധിച്ചു ജന്മാദ്യ ശാസ്ത്ര യോജന അതിവിടെയൊക്കെ അംഗീകരിച്ച ഈശ്വരനെ അടുത്ത് നിഷേധിച്ചു കാരണം ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നങ്ങനെ പ്രമാണം ശ്രുതി പ്രമാണമനുസരിച്ച് ശ്രുതി പറഞ്ഞിരിക്കുന്നു എല്ലാവരും ഈശ്വരനെ അംഗീകരിക്കുന്നു അങ്ങനെ ഇവിടെ അദ്വൈതികൾ മാത്രമല്ല അദ്വൈതികളും എല്ലാവരും ഈശ്വരനെ അംഗീകരിക്കുന്നത് എന്താണോ എല്ലാ മതക്കാരും പറയുന്നു ഞങ്ങളുടെ കിതാബില് പറഞ്ഞിരിക്കുകയാണ് ഒരു ഈശ്വരനെ കുറിച്ച് പറയാത് ആ കിതാബ് ഈശ്വരൻ പറഞ്ഞത് തന്നെ അപ്പം അത്രയും ഭാഗം അംഗീകരിക്കും ഭാഷകാരനും അങ്ങനെ ഒരു സർവജ്ഞനും സർവശക്തിയുക്തനുമായ ഈശ്വരനെ അംഗീകരിക്കും അപ്പം അങ്ങനെ പ്രമാണമനുസരിച്ച് ഈശ്വരനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പക്ഷേ അത് ബോധമുള്ളവരുടെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിക്കുമ്പം അവിടെ യുക്തി ഇവിടെ വേണ്ടി വരും അങ്ങനെ സർവജ്ഞനും സർവശക്തനും കരുണാമയനുമായ ഒരു ഈശ്വരനെ യുക്തി കൊണ്ട് സമർത്ഥിക്കുക നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടായ ബോധമുള്ളവരുടെ മുമ്പിൽ പറയുമ്പോൾ യുക്തി വേണ്ടി വരും യുക്തി കൊണ്ടോ അത് സമർത്ഥിക്കുക എന്ന് പറയുന്ന പ്രയാസമുള്ള കാര്യമാണ് ഇന്നുവരാരും അതിനെ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല യുക്തി കൊണ്ട് സമർത്ഥിക്കുന്ന കാരണം എന്തുകൊണ്ട് അത് യുക്തിയുണ്ട് എതിർക്കാനും യുക്തിയുണ്ട് അതാ പ്രശ്നം ബലാബലം സമാസമോ നിങ്ങൾ യുക്തികൊണ്ട് ഈച്ചറിനെ അംഗീകരിക്കാൻ പോയാ യുക്തികൊണ്ട് യുക്തി കൊണ്ട് ഈച്ചറിനെ അംഗീകരിക്കാൻ വേണ്ടി പെടാപ്പാട് പൊട്ടതാരാണ് താർക്കികന്മാരാണ് അവരൊരുപാട് വേഗത്ത് വെള്ളം കുടിച്ച് അവസാനം മുൻനിർത്തിപ്പോയി അങ്ങനത്ര എളുപ്പമല്ല അത് സമർത്ഥിക്കാൻ അതിനുള്ള യുക്തികൾ യുക്തികളുണ്ട് പക്ഷെ എന്തവരും നിഷേധിക്കാനും അതുപോലെ തന്നെ പ്രബലമായ യുക്തികളുണ്ട് അപ്പം അത് നടക്കുന്ന കാര്യമുണ്ട് ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല അതുകൊണ്ട് ഭാഷകാരനും പ്രമാണത്തെ ആശ്രയിച്ച് ഈശ്വരനെ അംഗീകരിക്കുകയും അത് കഴിഞ്ഞ് വളരെ കൂളായിട്ട് ഇവിടെ ഈ പറയുന്ന പോലെ ഞങ്ങൾ നിഷേധിക്കുകയും ചെയ്യും അത് ഭക്ഷുകാരന്റെ ബുദ്ധിവൈഭവം അതാണ് അദ്വൈതം ഇന്നും പിടിച്ചു നീക്കുന്നത് ആധ്യാത്മിക ലോകത്ത് അദ്വൈതത്തിന് പിടിച്ചു നീക്കാൻ കഴിയുന്നത് ഈ ബുദ്ധിവൈഭവം കൊണ്ടാണ് മറ്റുള്ളവരാരും പിടിച്ചു നിൽക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരും പിടിച്ച് നിൽക്കുന്നുണ്ട് എങ്ങനെ അങ്ങനെയാണ് വിശ്വാസം കൊണ്ട് എന്താ ശാസ്ത്രപ്രമാണം അതിനുള്ള വിശ്വാസം ഞങ്ങളുടെ കിത്താബ് ദൈവം പറഞ്ഞതാണ് അങ്ങനെ വിശ്വസിച്ചു അതിപ്പടി ഉണ്ട് അതൊക്കെ സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇതിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ മറിച്ച് വന്നുകഴിഞ്ഞാൽ യുക്തി കൊണ്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭാഷകാരൻ എന്ത് ചെയ്തു നൈസായിട്ട് ഈശ്വരനെയും പറഞ്ഞു അങ്ങനെ സർവശക്തി സർവജ്ഞതയെല്ലാം ഉള്ള അതൊന്നും ഈശ്വരനില്ലെന്നല്ല പറയുന്നത് വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് അതുകൊണ്ട് ആധ്യാത്മിക തലത്തിൽ ഇതുപോലെ ബുദ്ധിയുള്ള ഒരാൾ ഉണ്ടായിട്ടില്ല അപ്പോ ഭാഷകാരൻ നിഷേധിക്കുന്നത് എങ്ങനെയാണ് ഈശ്വരനെന്ന് ഒന്ന് പറഞ്ഞ് ഈശ്വരനെ നിഷേധിക്കത്തില്ല എന്നിട്ടെന്ത് പറയും ഈശ്വരനിൽ സർവജ്ഞത്വം ഇല്ല എന്ന് പറയും പിന്നെ എന്ത് ഈശ്വരൻ അവിടെയാണ് കളി ഈശ്വരൻ സർവജ്ഞത്വവും സർവശക്തിമത്വവും ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അല്ലേ സർവജ്ഞനും സർവശക്തിമാനുമായ ഒരു ഈശ്വരൻ ഇല്ല എന്നാൽ ഈശ്വരനുണ്ട് താൻ അങ്ങനെ ശക്തിയും ബുദ്ധിയുമൊക്കെ പോയ ഈശ്വരനും ഈശ്വരൻ തന്നെ അപ്പൊ പിന്നെ ഈശ്വരൻ എന്താണ് ഐശ്വരനെ പറയാം അത് നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപനായ ഈശ്വരനാണ് അതാര ഐശ്വരൻ അത് നീ തന്നെ ഇതാണ് ഭാഷകാരന്റെ പ്രക്രിയ ഇത് യുക്തി കൊണ്ട് നിഷേധിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തു പറയും അനുഭവം പറയും സത്ത് അത് നിനക്ക് അനുഭവത്തിൻ്റെ അറിവ് നിനക്ക് അനുഭവത്തിൻ്റെ ഇതാണ് അദ്വൈതത്തിൻ്റെ പ്രക്രിയ വിചാര രീതി അദ്വൈതത്തെ ഇത്രയും കാലം പിടിച്ചു നിർത്തിയ ഒരു രീതി അതാണ് ആശയം ഈശ്വരനെ ആശ്രയിച്ചാണ് പോയിരുന്നെങ്കിൽ അത് കേവലം വിശ്വാസികളുടെ ഇടയിൽ നിൽക്കും മറ്റൊരിടത്ത് ഇതുപോലെ ഒരു ശാസ്ത്ര ചർച്ചയിൽ അതിന് പിടിച്ചു നിൽക്കാൻ വലിയ ഛേദങ്ങളൊന്നുമില്ലാതെ പിടിച്ച് നീക്കാൻ പറ്റത്തില്ല നിൽക്കും എല്ലാ ആശയങ്ങളും ലോകത്ത് നിൽക്കും ഒരാശയത്തെയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല സർവജനും സർവശക്തനുമായ ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നതിനുള്ള യുക്തി ഭംഗങ്ങളെന്താണ് അങ്ങനെ ഒരു ഈശ്വരനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭക്തം കാണിക്കുന്ന എല്ലാം എന്തായിപ്പോവും അബദ്ധമായിപ്പോവും ഈശ്വരനെ സർവജ്ഞനായി അംഗീകരിച്ചു തോന്നിയിരിക്കുക ഈശ്വരൻ എല്ലാം അറിയുന്ന ആളാണ് എല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഈശ്വരൻ എനിക്കെന്താ വേണ്ടതെന്നുള്ള ഈശ്വരൻ അറിയുന്നില്ലേ ഉണ്ടോ പിന്നെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ച് ഭഗവാനെ എനിക്ക് തരണമെന്ന് ഈശ്വരനോട് ചോദിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഈശ്വരനറിയാം എന്താ വേണ്ടതെന്ന് ചോദിക്കേണ്ട കാര്യം ഇനി അറിയുക മാത്രമല്ല ഈശ്വരൻ സർവശക്തനായോണ്ട് എന്താണോ എന്താണോ എനിക്ക് വേണ്ടത് അത് തരുന്നതിനുള്ള ശേഷിയുമുണ്ട് ഇവനെ പ്രാർത്ഥിക്കുന്നതെന്തായി ഒന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ല അപ്പോ അല്ല പറയണം ഭക്തന്മാർക്ക് ഇപ്പൊ തന്നെ ചെറിയ ചൊറിച്ചില് തുടങ്ങിയിട്ടുണ്ട് അതെങ്ങനെ ഈശ്വരനറിയാം അറിയാമെങ്കിലും നമ്മൾ ചോദിച്ചല്ലേ തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രശ്നം ഇതെന്താണ് ഈശ്വരനോട് ചോദിച്ചാലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണ് വരുന്നത് ആരും വിഷമിക്കണ്ട ചിന്തിച്ചാ മതി എന്താ വരുന്നോ ചോദിക്കാത്തവർക്ക് കൊടുക്കത്തില്ല അങ്ങനെ വരില്ലേ ചോദിക്കുന്നവർക്ക് കൊടുക്കും പ്രാർത്ഥിക്കുന്നവന് കൊടുക്കും പ്രാർത്ഥിക്കാത്തവന് കൊടുക്കത്തില്ല എന്ന് കഴിഞ്ഞാൽ ഈശ്വരൻ എന്തായി നീതിമാനല്ല ഉണ്ടോ ഈശ്വരൻ്റെ നീതിമാൻ കാരണം കാരുണ്യം നീതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈശ്വരൻ നീതിമാനാണെങ്കിൽ എന്ത് ചെയ്യണം ചോദിക്കുന്നവനോടും ചോദിക്കാത്തവനോടും എന്താണ് അവൻ്റെ ആവശ്യങ്ങൾ എന്താണോ സർവജ്ഞനായ അറിയുന്നുണ്ട് അറിയുന്ന വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ീശ്വരൻ നിന്ന് ഈശ്വരൻ്റെ പ്രീതി ഉണ്ടാക്കി അമ്പ അത് ഈശ്വരന് പ്രീതിയുള്ളവർക്കെ കൊടുക്കുന്നു എന്താ ഈശ്വരൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടോ ഇവനോടെനിക്ക് പ്രീതിയുണ്ട് അവനെ കണ്ടുകൂടാ അങ്ങനെയുണ്ട് ഈശ്വരൻ്റെ പ്രീതിയുണ്ടെങ്കിൽ ഈശ്വരൻ നീതിമാനാണ് സമനാണ് ഈശ്വറിന് പ്രീതി ഉണ്ടെങ്കിൽ എല്ലാവരിലും അത് ഒരുപോലെ ആയിരിക്കും അപ്പോ എന്റെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ള ഒരു ഉദാഹരണം പറയാം ഈ കൊറോണ ഇത് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തും അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാത്തവരെയൊക്കെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നീതിമാനാണോ പിന്നെ കേട്ടില്ല അത് ശരി അപ്പം നീതി എന്ന് പറയുന്നത് നമ്മൾ അനീതി എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും നീതി എന്താണ് അതാണ് അനീതി അങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത് നീതിയെ ഏ അത് ശരി അപ്പൊ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് ആണോ അതെ ഈശ്വരനാ നമുക്ക് ഈശ്വരനാണ് ചോ അർത്ഥിക്കാനും സ്വാതന്ത്ര്യം കൊടുത്തത് അല്ലേ അപ്പോൾ ഒരുത്തൻ അർത്ഥിക്കുന്നു വേറെ ആൾ അർത്ഥിക്കുന്നില്ല ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് സർവശക്തനായ ഈശ്വരനാണ് ഈശ്വരൻ എന്തിനായി വേണ്ടാധീനം ചെയ്ത് ഞാൻ ഇപ്പം പ്രാർത്ഥിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാറില്ല സത്യം പറയാനുണ്ട് കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു ഈശ്വരനുണ്ടെങ്കിൽ എന്റെ ആവശ്യങ്ങളെല്ലാം ഈശ്വരനറിയണം പിന്നെ ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം പറയുന്നത് അത് നിനക്ക് പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു ആര് തന്ന് ഈശ്വരൻ എന്റെ ഉത്തരവാദിത്വം ആർക്ക് എനിക്കാണോ ഞാൻ സ്വന്തമായി എന്തെങ്കിലും എന്റെ ശക്തി കൊണ്ട് ചെയ്യണമെങ്കിലേ എനിക്കതിൽ ഉത്തരവാദിത്വമുള്ളൂ ഈശ്വരനാണ് ഇത് നിയന്ത്രിക്കുന്നതെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാലും ഉത്തരവാദിത്വം ആർക്കാണ് ഈശ്വരനാണ് പറഞ്ഞ ഈശ്വരൻ നീതിമാനാണ് ഏശ്വരൻ ഇത് തന്നെ പറയാ വ്യക്തമാക്കാം എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയല്ല ആരാ ചെയ്യുന്നത് ഈശ്വരൻ അറിയാതെ ഒരു സൃഷ്ടി ഇവിടെ നടക്കില്ലല്ലോ കൊറോണയെ സൃഷ്ടിച്ചാരോ ഈ നാശത്തിനെ സൃഷ്ടിച്ച അപ്പൊ ഈശ്വരൻ ഇങ്ങനെ ഒരു മഹാനാശത്തെ സൃഷ്ടിച്ചിട്ട് ആൾക്കാരോട് പറയണത് നിങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാനുള്ള ഇത് സൃഷ്ടിക്കാതിരുന്നാൽ പോരെ മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ അവൻ പറയുന്നു ആന നേരത്തെ സ്വാതന്ത്ര്യം തന്ന് ഇത് ഭയങ്കര ഒരു ക്രൂരമായ വിനോദമാണെന്ന് അപ്പം നീതിയില്ല അവിടെ എന്നെ ഉപദ്രവിക്കുന്ന കൊറോണയെ സൃഷ്ടിച്ച് എന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ശേഷി തന്ന് എന്നിട്ട് എന്നോട് പറയുന്നു എന്താണ് നീ പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടോ എന്നാ കുറച്ചുകൂടി നീതിമാനാണെങ്കിൽ ഇതിന് സൃഷ്ടിക്കാതിരിക്കണം അപ്പോ ഒരാളെ തല്ലിയച്ച തലോടുക എന്ന് പറയുന്നത് കാരുണ്യമാണോ ആണോ തല്ലുക പിന്നെ തലോടുക അത് നമുക്ക് കൊണ്ടാലേ മനസ്സിലാവും നമുക്ക് പറയാം ആ അതിലും ഒരു യുക്തി ഉണ്ടെന്ന് പക്ഷെ നമ്മളെ തല്ലിയിട്ട് നമ്മളെ തലോടുമ്പോഴേ മനസ്സിലാവും ഇതിൽ ഏതാ നീതി എന്നുള്ളത് പറയാൻ എന്തും പറയാം അപ്പം ഇത്തരം കാര്യങ്ങളെയൊന്നും ഒരു തരത്തിലും യുക്തി കൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ഒരേ സമയം സർവജ്ഞനും സർവജ്ഞത്വം സർവകർത്തൃത്വം പിന്നെ അവിടെ നീതി അതെ നീതി എന്ന് പറഞ്ഞ പിന്നെ അനീതി എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പോയി നീതി നീതിയായിരിക്കും എന്നുവെച്ചാൽ സമഭാവനയോടുകൂടി എല്ലാവരെയും ഒരുപോലെ കാണും ആയിരിക്കണം കാണുന്ന ആളായിരിക്കും ഏ ചോദിക്കുന്നവർ ഉറച്ചു ചോദിക്കും ഏ ഈ യോഗ്യത ആരുണ്ടാക്കി അത് ചിന്തിക്കണം എല്ലാത്തിൻ്റെയും കർത്തൃത്വം ഈശ്വരനാണെങ്കിൽ എന്താണോ യോഗ്യതയുടെ കർത്തൃത്വമാർക്ക ഈശ്വരൻ എന്തിനും അങ്ങനെ എന്നിൽ യോഗ്യത ഇല്ലാതാക്കി എനിക്കിവിടെ യോഗ്യത ഉണ്ടാക്കുന്ന ഒരു ഈശ്വരൻ നീതിമാനല്ലേ അവന് യോഗ്യതയുണ്ട് എനിക്കില്ല അതിന്റെ ഫലം ഞാൻ അനുഭവിക്കണം അവന് യോഗ്യതയുണ്ടോ അവൻ്റെ കാര്യങ്ങളെല്ലാം നേരെ പോകും ഈ യോഗ്യതയും യോഗ്യതയില്ലായ്മയും എന്റെ ജോലിയാണോ അത് ആണോ സർവ ശ്വാസം പിടിക്കണ്ട ചിന്തിച്ചാൽ മതി ശ്വാസം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ട് സർവ്വതിൻ്റെയും കർത്തൃത്വം ഈശ്വരനിലാണെങ്കിൽ എന്റെ യോഗ്യതയും എന്റെ അയോഗ്യതയുടെയും കർത്തൃത്വം എനിക്കല്ല ആണോ അല്ല നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന പാഠങ്ങൾക്കൊക്കെ ഒരു ചെറിയ വ്യത്യാസം വരും അത് ൊട്ടേ പറ്റൂ ഇത് യുക്തിയാണ് ഈ പറയുന്നത് യുക്തി കൊണ്ടിത് സമൃദ്ധിക്കാൻ പറ്റില്ല എന്നുള്ള ഭാഷകാരൻ നിഷേധിച്ചിരിക്കുകയാണ് ഞാൻ നിഷേധിച്ചല്ല അത് ഞാൻ ഇപ്പം നമ്മുടെ കൊറോണ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ കർത്തൃത്വം ഈശ്വരനിലാണെങ്കിൽ സർവത്തിൻ്റെയും ഇവിടെ എന്താണ് നമുക്ക് മുഴുവൻ കർത്തൃത്വം ഈശ്വരൻ തന്നെ കണ്ടേ മറിയാവും അപ്പം ഈശ്വരൻ്റെ കർത്തൃത്വത്തിന് വിധേയമായ കർത്തൃത്വമേ ജീവന് കൽപ്പിക്കാൻ പറ്റും ജീവൻ സ്വതന്ത്രമായ സ്വേച്ഛയോടുകൂടി കർത്തൃത്വമെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് സർവജ്ഞനായ ഈശ്വരൻ അറിയാതെ സൃഷ്ടിയിലൊന്നും തന്നെ സംഭവിക്കത്തില്ല കാരണം ഈശ്വര സൃഷ്ടിയാണ് ഇതെല്ലാം ഒരിടത്ത് ആരോപിക്കുകയും ചുരുക്കം ഇതാണ് അതായത് ഈശ്വരനും സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ എല്ലാം ആരോപിക്കുകയും ജീവനിൽ വൈഷമ്യം അംഗീകരിക്കുകയും ചെയ്യുക നടക്കുന്ന കാര്യമില്ല ജീവൻ്റെ വൈഷമ്യം എന്ന് വെച്ചാൽ ഒരാൾ ഒരാൾക്കൊരു ശക്തിയുണ്ട് വേറെ ആൾക്കൊരു ശക്തിയില്ല ഒരാൾ സങ്കടപ്പെടുന്നു ഒരാൾ സന്തോഷിക്കുന്നു ഇതിന് യാതൊരു ന്യായീകരണവും ഇന്ന് വരെ ആധ്യാത്മിക ലോകത്തിൽ ചിന്തിച്ച് ആർക്കും കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല അപ്പൊ ചോദിക്കും പിന്നെ എങ്ങനെയാ ഇത്രയും കാലം ഈശ്വരൻ ഇതിനെയൊക്കെ അതിജീവിച്ചത് നിങ്ങൾ ചിന്തിക്കും അതെങ്ങനെ അതിജീവിച്ചോ വിശ്വാസം വിശ്വാസത്തിൽ പിന്നെ അവിടെ ചോദ്യമുണ്ട് വിശ്വാസത്തിന് എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ഇവിടെ ചോദ്യം ചോദിക്കരുത് ഇത് പറയുന്ന യുക്തിയുടെ തലത്തിലാണ് ഭാഷകാരൻ എന്തുകൊണ്ട് നിഷേധിച്ചു അതാണ് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളെ നിരീശ്വരവാദികളാക്കിയായിരുന്നു അങ്ങനെ ചിന്തിച്ചോളായിരുന്നു അദ്വൈതം മനസ്സിലാക്കുന്നതിന് ഭാഷകാരന്റെ നിലപാടുകൾ മനസ്സിലാകും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരൻ എപ്പോഴും ഉണ്ടായിരിക്കും അത് വേറൊരു വിഷയമാണ് അതിൻ്റെ കാര്യമല്ല പറയുന്നത് നമുക്ക് യുക്തി കൊണ്ട് ഒരിക്കലും ഇത് ജീവനിൽ കാണുന്ന വൈഷമ്യവും ഈശ്വരൻ്റെ ഈ പറയുന്ന കാര്യങ്ങളും ഒരുമിച്ച് പ്രപഞ്ചത്തിൽ നിൽക്കാൻ പാടില്ല പിന്നെ ഇതിന് സാധാരണ വിധികളൊക്കെ പറയുന്ന എന്താണ് കർമ്മബലം എന്ന് പറയുന്നത് കർമ്മബലമൊക്കെ പറഞ്ഞാൽ ഒരിടത്തും നിൽക്കത്തില്ല അവനപൂർവ്വ കർമ്മങ്ങളിലേക്ക് പോകേണ്ടി വരും അത് എവിടെ തുടങ്ങി എന്ന് പറയേണ്ടി വരും അവിടെയൊന്നും ഉത്തരം കിട്ടത്തില്ല ഇനി അത് അംഗീകരിച്ചാൽ തന്നെ ശരി ഞാൻ ദുഃഖിക്കുന്നു നീ സൂഹിക്കുന്നു ഞാൻ എന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണം എന്റെ കർമ്മം എനിക്കെവിടെയാണ് കർമ്മം കർമ്മം എല്ലാം ആരുടെയാണ് ഈശ്വരൻ്റെയാണ് അപ്പോൾ അങ്ങനെ നീതിമാനായ ഒരു ഈശ്വരൻ എനിക്ക് ദുഷ്കർമ്മവും നിനക്ക് നല്ല കർമ്മവും തന്നെ അത് വാർഷിയാലിറ്റി അല്ലേ ഈശ്വരൻ്റെ നീതിമാനെന്ന് അംഗീകരിക്കാൻ പറ്റൂ അങ്ങനെ അംഗീകരിക്കും ഇപ്പം പറയണം പിന്നെ അങ്ങോട്ട് പോയി തിരിഞ്ഞു നിന്ന് ആ പറഞ്ഞത് ശരിയായില്ല അങ്ങനെയല്ല ഇങ്ങനെ പറയരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം പറയണം മുഖദാവി സംസാരിക്കുന്നു പിന്നെ അവിടെ ചെന്നിരുന്നിട്ട് അത് അങ്ങനല്ലെങ്കിലത് പറയാൻ പാടുണ്ടോ ഒരു സ്വാമി ആരല്ലേ ഇങ്ങനെന്നും പറയുന്നു പറയുന്നെങ്കി ഇപ്പൊ പറയുന്നു ഇവിടെ പലരും അങ്ങനെയാണ് ഗേഹേശ്വര തിണ്ണമിടുക്കന്മാരാണ് മുമ്പേ ഇരുന്ന് ഒന്നും പറയത്തില്ല അവിടെ ചെന്നിരുന്നു കുനു കുനു കുനുന്ന് പറയും അതിലും കാര്യമൊന്നും മുഖതാവി സംസാരിക്കുന്നു മലയാളത്തിൽ പറയും അഭിമുഖമായി പറയും ഇന്നതാണ് ആർക്കും കഴിയാത്ത കാര്യം പിന്നെ അങ്ങനെ നിങ്ങൾക്ക് കഴിയും എനിക്കങ്ങനെ കഴിയും ഈ ലോകത്തിവരെ ആർക്കും സമാനം പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് യുക്തി കൊണ്ടത് സാധിക്കും എന്നാലും ഈശ്വര സങ്കല്പം നിലനിൽക്കുന്ന മനുഷ്യന്റെ മനസ്സ് അഭി ചോദിക്കും അങ്ങനെ പിന്നെ എന്താണോ എങ്ങനത് മനസ്സിൽ നിലനിൽക്കുന്ന അതിനെന്താ കാരണം കാരണം ഈശ്വരൻ എന്നുള്ള സങ്കല്പം മനുഷ്യന് പ്രതീക്ഷയും ആശ്വാസവും സമാധാനവും സന്തോഷവും എല്ലാം കൊടുക്കുന്നിടത്തോളം കാലം അത് മനസ്സിൽ വിശ്വാസത്തിന്റെ തലത്ത് നിലനിൽക്കുക അതിനില്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല നിങ്ങൾ യുക്തിയുണ്ട് ഈശ്വരനെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ലാതാകില്ല എന്തുകൊണ്ട് അത് മനസ്സിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ എത്രയോ കാലം കൊണ്ട് പരിശ്രമിച്ചിട്ടും ഈശ്വരം പോയോ ഇല്ല അതുകൊണ്ടാണ് ഭാഷകാരൻ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല രണ്ട് അപ്പോ ആർക്കാണോ ീശ്വരനെ കൊണ്ട് ഈശ്വര സങ്കല്പങ്ങളെ കൊണ്ട് ശാന്തി സമാധാനവും ഒക്കെ വേണ്ടത് അവർക്ക് വേണ്ടി ഈശ്വരനുണ്ട് അല്ല അതല്ല എന്താണ് നിർഗുണമായ തത്വത്തിൽ ആരാണോ ശാന്തി സമാധാനവും ഒക്കെ കണ്ടെത്തുന്നത് അവർക്ക് ഈശ്വരന്റെ ആവശ്യമുണ്ട് ജന്മാധ്യക്ഷേതാ എന്നൊക്കെ ആദ്യം പറഞ്ഞു ശരിയാണ് ഇവിടെ പറയുന്നു അങ്ങനെ ഒരിടപാടേ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഈശ്വരനെ അംഗീകരിക്കാം പക്ഷെ സർവശക്തനും സർവജ്ഞനുമായിട്ട് എല്ലാ ഈ പറയുന്ന എല്ലാ ഇതോടും കൂടിയ ഒരു ഈശ്വരനെ അംഗീകരിക്കാൻ പറ്റത്തില്ല അതായത് ഈ സൃഷ്ടിയിൽ ഇങ്ങനെയുള്ളൊരു വൈഷമ്യം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കെ എന്തൊക്കെ യുക്തി പറഞ്ഞാലും ശരി ആ യുക്തികളെയൊക്കെ യുക്തി തന്നെ ഖണ്ഡിക്കും ഈശ്വരനെ സമർത്ഥിക്കാൻ പോയാൽ കാരണം സൃഷ്ടിയിൽ വൈഷമ്യമുണ്ടെങ്കിൽ ഈശ്വരൻ സമത്വമുള്ളവനായിരിക്കണം അല്ല ഈശ്വരനും വൈഷമ്യമുണ്ടെന്ന് പറഞ്ഞാലോ പിന്നെ സൃഷ്ടിയും ശ്രേഷ്ഠാവും തമ്മിലെന്താ വ്യത്യാസം നമ്മളെപ്പോലെ തന്നെ ഒരാളാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ കുശുമ്പും പുനാമിയും അസൂയയും കാവട്ടിയും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഈശ്വരനുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനെന്തെങ്കിലും മൂല്യമുണ്ടോ അപ്പോൾ ഒരിക്കലും സൃഷ്ടിയുടെ വൈഷമ്യത്തെ ഈശ്വരനിൽ ഇല്ലാന്ന് തന്നെ കൽപ്പിക്കേണ്ടി വരും അങ്ങനെ കൽപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഒരു ഈശ്വരനെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക അതിനപ്പുറം പിന്നെ അവിടെ യുക്തി പ്രയോഗിക്കാൻ പാടില്ല യുക്തി കൊണ്ട് ഈശ്വരൻ താൻ ശ്രമിച്ച ഇത് മിക്കവാറും എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരും തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇതെല്ലാവരും അംഗീകരിക്കുന്നത് എല്ലാവരും പറയുന്നതാണ് ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം ഈശ്വരൻ നിങ്ങളുടെ വിശ്വാസത്തിലാണ് നിങ്ങളെൻ്റെ അർത്ഥം ഹൃദയം എന്ന് പറയുന്നത് മനസ്സ് മനസ്സിലെന്നുവെച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിലാണ് അത് മനുഷ്യന് ശാന്തി സമ്മാനമൊക്കെ കൊടുക്കുന്നിടത്തോളം കാലം അത് നിലനിൽക്കും അങ്ങനെ പറ്റില്ല പിന്നെ ഈ സാധ്യമല്ലാന്ന് പറയുന്നിവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം യുക്തി കൊണ്ട് സമർത്ഥിക്കാനും മറ്റും പോകുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പം ഒരു ചോദ്യം വരും അപ്പൊ ഈ നിരീശ്വരവാദികളൊക്കെ വാദത്തിന് ഒന്നാം എന്തു ചെയ്യും അപ്പൊ ഒറ്റ വഴിയുള്ള എന്താണോ എന്താ നിന്റെ വിശ്വാസം ഈശ്വരനുള്ളത് എന്റെ വിശ്വാസം നിങ്ങൾ രണ്ടുപേരും വിശ്വാസികളാണ് ഒരാൾ ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഈശനുണ്ടെന്ന് വിശ്വസിക്കുന്നു രണ്ടു കൂട്ടരും വിശ്വാസിച്ചതാണ് അതിനപ്പുറം അതിന് തെളിവുണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ ഒരാള് തല്ലി എന്നിരിക്കട്ടെ ഒരാൾ തല്ലി അതിന് തെളിവാണോ തെളിവുണ്ടാക്കാൻ എളുപ്പമാണ് കാരണം എന്താണ് അടയാളങ്ങൾ കാണും നിങ്ങൾ ഒരാൾ തല്ലിയില്ല തെളിവുണ്ടാക്കാൻ പറ്റുമോ പ്രയാസമാണ് തല്ലിയില്ലെങ്കിൽ എന്താ തെളിവ് വലിയ ബുദ്ധിമുട്ടാണ് തല്ലിയില്ല എന്നു പറഞ്ഞതിന് തെളിവുണ്ടാകും ഒരടയാളം ഇല്ല തല്ലിയാലേ അടയാളമുള്ളൂ തല്ലിയില്ലെങ്കിൽ അതിനൊരു തെളിവുണ്ടാക്കിയെടുക്കുക വളരെ പ്രയാസമാണ് കാരണം തള്ളിയില്ലെങ്കിൽ അവിടെ ഒന്നും നടന്നില്ല തെളിവുകളൊന്നും അവശേഷിപ്പിക്കുന്നില്ല പിന്നെ ഇങ്ങനെ ഏതെങ്കിലും സാക്ഷി പറയണം തള്ളിയില്ല തല്ലിവുണ്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ തന്നെ ഈ കാര്യം അപ്പം ഇല്ലാത്തതിനെ തെളിവുണ്ടാക്കാൻ പോയാൽ ഇല്ല എന്ന് പറയുന്ന തെളിവുണ്ടാക്കാൻ പോയാൽ വലിയ പ്രയാസമാണ് അതും യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റില്ല ഏ അല്ലെ നിങ്ങൾ അവതാര പുരുഷനിൽ എന്താ പോകുന്നത് നീ ഈശ്വരൻ എന്നാണ് ഇവിടെ ഭാഷ്യകാരം പറയുന്നത് അപ്പം നമ്മളെ വിട്ടിട്ട് പിന്നെ വേറെ എന്തിനാ വേറെ ഈശ്വരൻ്റെ പുറകെ പോകുന്നു നീ നിത്യശുദ്ധ ബുദ്ധ സ്വരൂപമാണ് സച്ഛുദാനന്ദ സ്വരൂപം എന്നാണ് ഇവിടെ അദ്വീനി പറയുന്നത് നമ്മളെ മറന്നിട്ട് പിന്നെ എന്തിനാ വേറെ പോകുന്നു ഭാഷകാരൻ പറയുന്നത് നീ ഈശ്വരനാണെങ്കിൽ എല്ലാവരും ഈശ്വരനാണ് ഇതാണ് ഭാഷകാരൻ പറയും അത് നിഷേധിക്കാൻ പറ്റത്തില്ല അടുത്ത് അതിനെക്കുറിച്ച് തന്നെ പറയും സന്മൂല സൂമി മാ സദാ ആയതനാ സത്പ്രതിഷ്ഠാഹ അടുത്ത് വ്യാഖ്യാനിക്കും അച്ഛൻ മകൻ ഉപദേശിക്കുന്ന എല്ലാ പ്രജകളും ഈശ്വരൻ എന്നാണ് അവിടെ പറയുന്നു അല്ല അവതാര പുരുഷൻ ഈശ്വരൻ ഞാൻ വെറും മരങ്ങോടൻ എന്നല്ല പറയുന്നു എല്ലാവരും സദായധനാഹ ഇമാജാഹ എല്ലാ പ്രജകളും എന്താണോ ഈശ്വരൻ എന്നാ പണ്ട് അച്ഛൻ മോൻ ഉപദേശം ഏതച്ഛൻ ഏത് മോൻ അച്ഛന്റെ പേര് എന്താന്നു അത് ഉദിത പണ്ടെന്ന് പറഞ്ഞ എല്ലാവരും ഈശ്വരന്മാരാണ് പിന്നെന്താ എല്ലാവരും ഈശ്വരന്മാരാണെങ്കി പിന്നെ തിർക്കം തീർന്നു അന്ന് ഭാഷകാരന്റെ സിദ്ധാന്തം യുക്തി കൊണ്ട് നിങ്ങൾക്ക് എത്താമെന്നുള്ളത് അതുവരെയുള്ളൂ യുക്തി അനുഭവം കൊണ്ട് എത്താവുന്ന അവിടെയാണ് അത് കേവലം വിശ്വാസത്തിൻ്റെ മേഖല അല്ലെങ്കിൽ ഭാഷകാർ വിശ്വാസത്തെ അംഗീകരിക്കും വിശ്വാസത്തെ അംഗീകരിക്കുന്ന എവിടെ വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വിശ്വാസമല്ലാതെ പാരമ്പിക്കാൻ വേറെ വിശ്വാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു വിശ്വാസത്തെ അംഗീകരിക്കുന്നു അതാണ് അധികാരി ഭേദം എന്ന് പറയുന്നത് അത് തുടക്കത്തിൽ പറഞ്ഞ എന്താണ് ജന്മാധ്യ സ്ത ശാസ്ത്രോതിത്വ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അവസാനം എന്ത് പറയും ഇങ്ങനെ ഒരു ജഗത്ത് ആവശ്യം വരുമ്പല്ലേ അതിനെ സൃഷ്ടിക്കാൻ ഒരാൾ വേണ്ടി വരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജഗതത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ സൃഷ്ടിക്കേണ്ട ആളുടെ ആവശ്യമുണ്ടോ സദായതനാഹ സത്പ്രതിഷ്ഠാഹ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആ സൃഷ്ടി കർത്താവിനെ കുറിച്ചുള്ള ചോദ്യമേ ഇല്ല മൂപ്പേർക്ക് പണിയില്ലാതെ ആവും അങ്ങനെ ഒരാളിന്റെ ആവശ്യമേ ഇവിടെ ഇല്ല പക്ഷകാലം പറയുന്നത് അത്യന്തിമ പറയുന്നതാണ് യുക്തിയുക്തമായി അതിനെ സമർത്ഥിക്കാൻ കഴിയില്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വിദ്വദൽ ഇതിനെ സമർത്ഥിക്കണ്ടേ അങ്ങനെ വരുമ്പോ യുക്തിക്ക് സമർത്ഥിക്കുക എന്നുള്ള കാര്യങ്ങളെ പറയാൻ പറ്റും അവനോട് സത്ത് ചിത്ത് ഇങ്ങനെയൊക്കെ പിന്നെ ചിന്തിക്കുന്ന അതുകൊണ്ടാണ് പറയുന്നത് ആദ്ധ്യാത്മിക ോകത്തിൽ ഇങ്ങനെ ഈ ഭാഷകാരനെ പോലെ യുക്തിയും ബുദ്ധിയുമുള്ള ഒരാൾ ഇന്നുവരെ ഈ പ്രപഞ്ചത്തിനുണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഭാഷകാരന് ശേഷം ഇതിനേറ്റുപറഞ്ഞവരേ ഉള്ളൂ ഇന്ന് നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാം എന്താണ് ഈ ഭാഷകാരൻ പറഞ്ഞതിനെ ഏറ്റുപറയണം ഇങ്ങനെയുള്ള ആശയങ്ങൾ ശ്രുതിയിൽ തന്നെ ഉണ്ടല്ലോ പക്ഷെ അതൊന്നും പോരാ ആ പറയുന്ന കാര്യങ്ങൾ യുക്തി അനുഭവത്തിലൂടെ സമർത്ഥിക്കണം അല്ലെങ്കിൽ ആർക്കും എന്നും പറയാമല്ലോ നീയും വരുമ്പോൾ ഞാനും വരുമ്പോൾ ആർക്കാ പറയാൻ വയ്യാത്ത മതപ്രഭാഷണത്തൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ നമ്മൾ പറയുന്നതല്ലേ നമുക്ക് ബോധ്യം വന്നിട്ടാണോ പറയുന്നത് ആണോ നമുക്ക് ബോധ്യം വന്നിട്ടൊന്നുമല്ല പറയുന്നത് ചുമ്മാ പറയുന്നു എറിഞ്ഞു നോക്കുകയാണ് ഏറ്റാ ഏറ്റില്ലെങ്കിൽ എന്തായാലും നമുക്ക് നഷ്ടമൊന്നുമില്ല പ്രസംഗത്തിന് വിളിച്ചവർ തിരിച്ചു വരുമ്പോൾ ദക്ഷിണ തന്നേ ഇടത്തുള്ളൂ ആ ഉറപ്പുണ്ട് അങ്ങനെ ഇടത്തേ നമ്മൾ പോകാറുള്ളൂ നമ്മളെ സംബന്ധിച്ചൊരു വിഷയമൊന്നുമല്ല പക്ഷെ വഷുകാരനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇത് പറയേണ്ട ഇവിടെ കഴുതകളുടെ മുമ്പിലല്ല പിന്നെയോ വിദ്വാൻമാരുടെ പക്ഷേ നമ്മൾ വിദ്വാൻമാരെ വിളിക്കുന്നത് എന്താണ് കഴുത കളെന്ന് കഴുതകൾ കളിക്കുന്ന എന്താണ് വിദ്വാൻമാരെന്ന് ഇതാണ് നമ്മുടെ വ്യത്യാസം അങ്ങനെയൊരു വ്യത്യാസം നമുക്കുണ്ട് അറിവുള്ളവൻ വിദ്വാൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുച്ഛിക്കും പരിഹസിക്കും വരും കഴുതകളാണെന്ന് പറയും കഴുതകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും മഹാത്മാ കാരണം നമുക്കാവശ്യം അവരെയാണ് നമുക്ക് കഴുതകളാണ് നമുക്കെപ്പോഴും വേണ്ടത് അത് അവരെ നമ്മൾ ശുതിക്കുമ്പോഴത്തും മഹാത്മാരെന്ന് പറയും ഭാഷകാരനതു പോരാ ഭാഷകാരന് വിദ്വാന്മാര് തന്നെ വേണം അവരുമുമ്പിൽ പറയണം അവരെ ബോധ്യപ്പെടുത്തണം അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞതും ബ്രഹ്മസൂത്രത്തെ തുടക്കത്തിൽ പറഞ്ഞതും ഇപ്പൊ പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യം തോന്നണം ഇതൊക്കെ മനസ്സിലുള്ളവർക്ക് ഓർമ്മയുള്ളവർക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞത് ആദ്യം പറഞ്ഞിവിടെ നിഷേധിക്കുകയാണ് ഈശ്വരനിൽ അങ്ങനെ സർവജ്ഞത്വം അങ്ങനെയൊന്നും ഇല്ല പരമാർത്ഥത്തിയില്ല പരമാർത്ഥത്തിൽ ഇല്ലയെന്നു പറഞ്ഞാൽ ഇല്ലെന്നാണല്ലോ എൻ്റെ അർത്ഥം ഉണ്ടെന്നാണ് ഭാഷകാരൻ പറയും പരമാർത്ഥത്തിയില്ല പരമാർത്ഥത്തിയില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നർത്ഥമുണ്ട് പരമാർത്ഥത്തിൽ ഇല്ലയെന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഇല്ലേ ഇല്ലെന്നാണ് രണ്ടില്ലേയാണ് മനസ്സിലായോ പരമാർത്ഥത്തിലില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇല്ലേ ഇല്ല എന്താണ് അതിൻ്റെ അർത്ഥം അതാണ് ഇവിടെ പറയും ആ ഒരു തത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രാപ്തി അപ്രാപ്തി എന്നൊക്കെ പറയും നമ്മളെല്ലാം ഈശ്വരനെ പ്രാപിക്കാൻ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ഈശ്വരനെ പ്രാപിച്ചവരോ പ്രാപിച്ചവരും ധാരാളമുണ്ട് പ്രാപിക്കാനായിട്ടിരിക്കുന്നവരുണ്ട് രണ്ടിനെയും ഭാഷകാരെ നിഷേധിക്കുകയാണ് നമുക്ക് മനസ്സിലാവും പ്രാപിക്കാനിരിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രാപിച്ചവരെ മനസ്സിലാക്കാൻ പ്രയാസമാണ് അവരിതിനു തന്നെ പ്രാപിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എത്ര പെട്ടെന്ന് പ്രാപിച്ചെങ്കിൽ എന്തോ തകരാറുണ്ട് അതാണ് ഭാഷകാരോട് പറയുന്നത് ഇതുവരാരും പ്രാപിച്ചിട്ടുമില്ല ഇനി ആരും ഒട്ട് പ്രാപിക്കാനും പോകുന്നില്ല അതാണ് സത്യം അതാണ് പരമാർത്ഥം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിന് നിക്ഷേപവും ഇതൊക്കെ വെറും അബദ്ധം പക്ഷെ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ മുഖതാവി പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല നമ്മുടെ സ്വന്തം ലാവണത്തിൽ ഇരുന്നുകൊണ്ട് മുറമുറകം അത് പറയാം ഏതൊക്കെ അസംബന്ധമാണ് ഇതൊന്നും ഒരു കാര്യമില്ല വിവരമുള്ളവന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ നമ്മൾ മുഖം തിരിച്ചാണത് അദ്വൈതശാസ്ത്രത്തിൽ യുക്തിഭംഗമില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ആദ്യം എന്താണ് അദ്വൈത ശാസ്ത്രം എന്താണ് യുക്തി ഇത് രണ്ടും വിശദീകരിക്കേണ്ടി വരും നമ്മൾ ഈ ഭാഷയം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് അദ്വൈത ശാസ്ത്രം എന്താണ് യുക്തി ഈ രണ്ടുമാണ് ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയെ ശരിയായ രീതിയിൽ ആ ചർച്ചയെ ബോധ്യപ്പെടുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവത്തില്ല അങ്ങനൊരു പഴുതുമില്ലെന്നാണ് ഞാൻ പറയുന്നത് പറഞ്ഞു വരുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അദ്വൈത ശാസ്ത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ലോകം ഇന്നുവരെ കണ്ടതിൽ ആധ്യാത്മിക മണ്ഡലത്തിൽ തന്നെ പറയാൻ പറ്റും അൽബർട്ട് ഐൻസ്റ്റൈനേക്കാളും ബുദ്ധി ഐക്യുമുണ്ട് എന്നു ഞാൻ പറയത്തില്ല നിങ്ങൾ മതപ്രഭാഷണത്തിൽ വേണമെങ്കിൽ പറഞ്ഞുകൂടി ശാസ്ത്രത്തിൽ ഇതിനെക്കാളും ബുദ്ധിയുള്ള ഒരാൾ ഉണ്ടായിട്ടില്ലെന്ന് തർപ്പിച്ചും പറയാം അപ്പോൾ എന്താണ് യുക്തി എന്താണ് അദ്വൈത ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പ്രശ്നം തീർന്നു അത് മനസ്സിലാക്കുന്നിടത്തോളങ്ങാനും ചോദ്യം തുടർന്നുകൊണ്ടേയിരിക്കും അത് കണ്ടും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും അതിവിടെ ഭാഷകാരൻ പറയുന്നു നമ്മുടെ നേരെ നിന്ന് പറയുകയാണോ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചോദിക്കും ഭക്ഷ്യക്കാരനോട് തന്നെ ചോദിക്കും ഭാഷ്യം നമ്മുടെ മുമ്പിലുണ്ട് ചോദിക്കുന്നുമുണ്ട് ഒരുപാട് പേര് അതാണ് അപ്പോൾ ഒരു ചോദ്യം വരും ഒരു ചോദ്യം വരാം ഇപ്പോൾ ചോദിച്ച അങ്ങനെ ഭക്ഷികാരൻ അദ്വൈതത്തെ യുക്തിയും അനുഭവവും ആശ്രയിച്ചാണ് സമർത്ഥിച്ചതെങ്കിൽ പിൽക്കാലത്ത് അതുപോലെ തന്നെ ആചാര്യന്മാർ വന്നിട്ട് എന്തുകൊണ്ട് മറ്റ് സിദ്ധാന്തങ്ങൾ സമർത്ഥിച്ചു എന്നുള്ളത് അതിന് സമാനം ഇതെന്താണോ മറ്റേതൊരു സിദ്ധാന്തത്തെ നോക്കിയാലും നമുക്കവിടെ മനസ്സിലാക്കും അവരെല്ലാം ആത്യന്തികമായി ശരണം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തിലാണ് യുക്തിയിലും അനുഭവത്തിലുമല്ല വിശ്വാസം അതങ്ങനെ മനസ്സിലാക്കി എളുപ്പം മനസ്സിലാക്കാം എന്നുവെച്ചാൽ വൈകുണ്ടവും കൈലാസവും എല്ലാം എന്താണോ ഈ പറയുന്ന ഭക്തന്മാർക്ക് പോലും വിശ്വാസമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഭക്തന്മാരെന്നൊക്കെ പറയുമെങ്കിലും അതിലത്ര ഉറപ്പൊന്നുമില്ല ഉണ്ടോ അത്ര വലിയ ഉറപ്പൊന്നുമില്ല കണ്ടേക്കാം അതിനൊരു സാധ്യതയുണ്ട് പോസിബിലിറ്റി അതിനപ്പുറം ഉറപ്പിച്ചൊന്നും പറയട്ടെ അപ്പം അത് ആചാര്യന്മാർക്ക് അതിൽ വിശ്വാസമാണ് അവർ വിശ്വാസപൂർവം പറയുകയാണ് ഈ ഭാഷകാരോട് പറഞ്ഞതിന് വിപരീതമായിട്ട് എന്താണോ അങ്ങനെ ഒരു പ്രാപ്തി ഉണ്ട് വ്യക്തി കൊണ്ടൊരിക്കലും സമർത്ഥിക്കാൻ പറ്റും പക്ഷെ വിശ്വാസം ഉണ്ട് അത് നമ്മൾ പ്രധാനമായിട്ട് എടുക്കണം ആധ്യാത്മിക തലത്തിൽ വിശ്വാസത്തിനൊരു വലിയ സ്ഥാനമാണ് എല്ലാ മതങ്ങളും നിലനിൽക്കുന്ന ആ വിശ്വാസത്തിലാണോ ഭാഷകാരൻ്റെ മുമ്പിൽ മതം ഉണ്ടായിരുന്നില്ല ഭാഷകാരൻ ഒരു മതവിശ്വാസിയായിരുന്നില്ല അങ്ങനെ ആരെങ്കിലും ഒരു മതത്തെക്കുറിച്ച് ഭാഷകാരൻ അറിവുണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവുമില്ല ഭാഷ്യത്തിലുള്ളവരുടെ അടുത്തില്ല ഭാഷകാരന്റെ മുമ്പിലുണ്ടായിരുന്ന ദർശനമാണ് മത രണ്ട് കണ്ട ദാർശനികനായിരുന്നു മതവിശ്വാസിയായിരുന്നില്ല മതവിശ്വാസ നിങ്ങളീ പറയുന്നതല്ല ശരിയാണ് ദർശനത്തിൽ അതിനൊന്ന് സ്ഥാനം അപ്പോ അത് മനസ്സിലാകണമെങ്കിൽ ഭാഷ നമ്മൾ വളരെ ഗൗരവമായി എന്താണോ നിരന്തരമായി അതിനനുസന്ധാനം ചെയ്യണം എന്നല്ലേ പറ്റൂ നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ വരുമ്പോ സംശയം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ന്യായമാണ് സംശയം തെറ്റെന്ന് ഞാൻ പറയത്തില്ല അതിന് കാരണമൊന്നും ഒരു കാരണമൊന്നെന്ന് വെച്ച് ഈ പറയുന്ന നിരന്തരമായ അനുസന്ധാനം നമ്മളിലില്ല നമ്മൾ കഴിഞ്ഞു മുമ്പിലത്തെ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞില്ലായിരുന്നു പിന്നെ ഇന്നുണ്ട് നാളെ കാണത്തില്ല ഇടയ്ക്ക് ചില ചോദ്യശരങ്ങൾ ചെയ്തിട്ട് അങ്ങ് പോവുകയും ചെയ്യും ചോദ്യോത്തരമല്ല അവിടെ തന്നെ തീരും നമ്മളിതിനെ നിരന്തരമായി അനുസന്ധാനം ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഇല്ല നമ്മളെ കൊണ്ട് അത് ആർക്കും ചെയ്യിക്കാനും സാധ്യമല്ല നമ്മുടെ ഗുരുവിചാരിച്ചാലും സാധിക്കില്ല പിന്നെയല്ലേ നിരന്തര അനുസന്ധാനം നമ്മുടെ നമ്മുടെ മനസ്സതിനു പറ്റിയല്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും നമ്മൾ ഉഷാറാവും ഇതാ അവിടക്കുന്ന അടുത്ത ദിവസം വീണു തല്ലോ കിടക്കുന്നു ധർണിയും ശോണിതവും അണിഞ്ഞയോ ശിവശി പോകും പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഉയർത്തി എഴുന്നേക്കും എന്റെ കുരിശീന്ന് എണീറ്റ പോലെ ചോദ്യശരങ്ങളുമായിട്ട് വരും രണ്ടു ദിവസം കഴിയുമ്പം പഴയ ഗതി തന്നെ ഗുരു വലിയൊരു പാരയുമായിട്ട് ഇങ്ങനെ പൊക്കാൻ നിൽക്കുകയാണ് വീണ്ടും ശരിയാക്കും ഒരു ഇതല്ലേ സത്യം ഇതെങ്കിലും നിങ്ങൾ അംഗീകരിക്കൂ ബാക്കി ഓട്ടെ ശങ്കരാചാര്യരെ അംഗീകരിക്കട്ടെ ശങ്കരാചാര്യരെ അംഗീകരിക്കണ്ട അദ്വൈതത്തിൽ അംഗീകരിക്കേണ്ട ഒന്നും അംഗീകരിക്കാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കൂ കുറഞ്ഞ പക്ഷെ അംഗീകരിക്കൂ അപ്പൊ നമ്മൾ ചിന്തിക്കണം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അത്ര വലിയ വീറും വാശിയൊന്നും വേണ്ട അങ്ങനെ വിചാരിക്കും ഞാനൊരു ഗംഭീരമായ ചോദ്യം വിട്ടിരിക്കുകയാണ് അങ്ങനെ ചിന്തിക്കണം ചില യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ പൊരുത്തപ്പെട്ടു നിന്നുകൊണ്ട് വേണം ചിന്തിക്കുണ്ടാവും ഇയാൾ എന്തപ്പനായിരുന്നു പറയുന്നു നിങ്ങൾ ഇന്ന് രാവിലെയാണ് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കും എന്താണ് എന്തായി ഇരുന്നു കൊണ്ട് പറയുന്നു എന്നുവെച്ചാൽ നമ്മുടെ ധാരണത്തെ വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഇത് ഇന്ന് പറയുന്നതല്ല ഇത് കുറെ കാലങ്ങളായി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളവർക്ക് കുറച്ച് സമാധാനം വരും അല്ലാത്തവർ പോയിരുന്നു കുനു കുനുക്കും ആണ് എൻ്റെ വ്യത്യാസം ഭാഷകാരൻ ഇവിടെ സ്പഷ്ടമായി പറയുന്നു എന്താണ് ഇതിനെല്ലാം നിഷേധിച്ചിരിക്കുന്നു അനേക ശക്തിമത്വം ബ്രഹ്മണ ഈശ്വരൻ അനേക ശക്തികളുണ്ട് അനന്തശക്തി അത് ആദ്യം പറഞ്ഞാണ് ഒറ്റയടിക്ക് പറയുന്നത് ന അങ്ങനെ ഒരു ശക്തികളുമില്ല എന്ന് പറയും പിന്നെ അതിനുള്ള സമാധാനം പറയും ഒരുപാട് തവണ ഇതൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ് ചിന്തിച്ചു നോക്കി പറയുന്നതൊക്കെ ശരിയാണോ